ആകാശത്തുനിന്ന് അള്ളാഹുസ്ബഹാനഹുഅറ്റ് അല വെള്ളമിറക്കുകയും അതുവഴി വിവിധ വർണ്ണങ്ങളിലുള്ള ഫലങ്ങൾ നാം ഉത്പാദിപ്പിക്കുകയും ചെയ്തത് നീ കണ്ടില്ലേ പർവ്വതങ്ങളിൽ വെളുത്തതും ചുവന്നതുമായ വിവിധ വർണ്ണങ്ങളിലുള്ള വരകളും കറുത്തിലുണ്ട വരകളുമുണ്ട്